ശ്രീ പരമാത്മനെ നമ യഥാർത്ഥ ഗീത ശ്രീമദ്ഭഗവത്ഗീത അഥ ചതുർദ്ദശോധ്യായ ഇനി പതിനാലാം അധ്യായം കഴിഞ്ഞ അധ്യായങ്ങളിലൂടെ യോഗേശ്വരൻ ജ്ഞാനത്തിന്റെ സ്വരൂപം വ്യക്തമാക്കുകയായിരുന്നു ശാസ്ത്രങ്ങൾ അറിയുന്നതല്ല ജ്ഞാനം ഗുരുപദേശമനുസരിച്ച് നിയതകർമ്മങ്ങൾ അനുഷ്ഠിച്ച് കാമനകളും സങ്കല്പങ്ങളും ക്രമേണ ഇല്ലാതാക്കി നേടുന്ന പരബ്രഹ്മാനുഭൂതിയാണ് ജ്ഞാനം അധ്യാത്മജ്ഞാന തത്വജ്ഞാനാർത്ഥ ദർശനം ഇതിന് വിപരീതമായുള്ളതെല്ലാം അജ്ഞാനത്തിന്റെ വിഭാഗത്തിൽപ്പെടുന്നു ഇങ്ങനെ എല്ലാം പ്രതിപാദിച്ചിട്ട് ഇവയിൽ പരമോന്നത ജ്ഞാനത്തെപ്പറ്റി യോഗേശ്വരൻ എടുത്തു പറയാൻ പോവുകയാണ് ഇത് ഒരർത്ഥത്തിൽ ആവർത്തനം തന്നെ ശാസ്ത്രം നന്നായി പഠിച്ചതാണെങ്കിൽ കൂടി കൂടെ കൂടെ എടുത്തു നോക്കി ഓർമ്മ പുതുക്കുന്നത് നല്ലതുതന്നെ എന്നത്രേ അഭിജ്ഞ മതം സാധനകൾ ആവർത്തിക്കുമ്പോൾ പുതിയ പുതിയ ആത്മാനുഭൂതികൾ ലഭിച്ചെന്നും വരാം നമ്മുടെ സ്മരണപടത്തിൽ സംസ്കാരത്തിന്റെ മുദ്ര എപ്പോഴും പതിഞ്ഞിരിക്കും പതികന് അഭീഷ്ടലാഭത്തിനുള്ള വഴിയെ ഈ മലിന സംസ്കാരമായ പുക മറച്ചെന്നുംിരിക്കും പ്രകൃതിയുടെ ഈ വികൃതിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിരന്തരം സാധന ചെയ്യണം പൂജ്യപരമാനന്ദഗുരു ഇങ്ങനെ ഞങ്ങളെ ഉദ്ബോധിപ്പിച്ചിരുന്നു ബ്രഹ്മവിദ്യ സ്വായത്തമാക്കാൻ അനുദിന ധ്യാനം കൂടിയേ തീരൂ ധ്യാനം കൊണ്ട് ഒരു മാല കോർത്തുകൊണ്ടിരിക്കുക ബാഹ്യമായ മാലയെപ്പറ്റിയല്ല ഇവിടെ പറയുന്നത് സാധകനുള്ള നിർദ്ദേശമാണിത് എന്നാൽ ഒരു സദ്ഗുരു എപ്പോഴും പതികന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരിക്കണം ഉള്ളിൽ ആത്മാവിനെ ഉണർത്താനും യോഗക്രിയാ യോഗക്രിയാകലാപങ്ങളെ പുതിയ ചുറ്റുപാടിൽ മനസ്സിലാക്കിക്കൊടുക്കാനും ഈ അനുയാത്ര ആവശ്യമത്രേ അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ തന്നെ ശിഷ്യന് ആവർത്തിച്ച് ശിക്ഷണം നൽകുന്നത് ശ്രീഭഗവാൻ ഉച്ച ൂയ പ്രവക്ഷാമി ജ്യാമുത്ത മുനയ പരാം സിദ്ധിമിതോക അർജുന എല്ലാ അറിവിനേക്കാളും ഉത്തമമായ അറിവ് അഥവാ പരമജ്ഞാനം എന്താണെന്ന് ഞാൻ വീണ്ടും നിന്നോട് പറയാം ഈ അറിവിലൂടെയാണ് മുനികൾ സംസാരദുരിതങ്ങളിൽ നിന്ന് മുക്തരായി പരമപദം പ്രാപിക്കുന്നത് ഇതം ജനമുപാശ്രിത് മമ സാധർമ്മ്യമാഗത സർഗേ ഈ ജ്ഞാനത്തെ ആശ്രയിച്ച് നിയതവിധികൾ അനുഷ്ഠിച്ച് എന്റെ അരികിലെത്തി എന്റെ സ്വരൂപത്തോട് ചേരുന്ന ആളുകൾക്ക് സൃഷ്ടിയുടെ തുടക്കത്തിൽ പോലും ജന്മം സ്വീകരിക്കേണ്ടി വരില്ല ജീവിത അവസാന വരില്ല എന്തെന്നാൽ മഹാത്മാക്കളുടെ ഭൗതിക ജീവിതവ്യാപാരങ്ങൾ ഈശ്വര സാക്ഷാത്കാരം നേടുന്നതോടെ അവസാനിക്കുന്നു അതിനുശേഷം ശരീരവുമായുള്ള ബന്ധം താൻ താമസിക്കുന്ന കെട്ടിടവുമായുള്ള ബന്ധം പോലെ മാത്രം പുനർജന്മം എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് തുടരുന്നുമോ നിർമഹ്രഹ്മൻ ഗർഭം ദാമ്യഹം ഭാരത് ഹേ അർജുന എന്റെ എട്ട് പിരിവുകളുള്ള മൂലപ്രകൃതിയാണ് സകല ജീവജാലങ്ങളുടെയും ഉദ്ഭവസ്ഥാനം ആ മൂലപ്രകൃതിയുടെ ഗർഭത്തിൽ ഞാൻ ചൈതന്യത്തിൻ്റെ വിത്തിടുന്നു ഇങ്ങനെ ജടവസ്തുക്കളും ചൈതന്യവും ചേർന്ന ഭൂതപ്രപഞ്ചം ഉണ്ടാകുന്നുൂർത്തയ സംഭവ താസാം ബ്രഹ്മ മഹദ്യോനി അഹം ബീജപ്രദ പിത കുന്ദേ വിവിധ യോനികളിലൂടെ പിറക്കുന്ന ജീവികളുടെയെല്ലാം അമ്മ അവയെ ഗർഭം മൂലപ്രകൃതി തന്നെ ആ ജീവികളുടെയെല്ലാം പിതൃസ്ഥാനമാണ് എനിക്കുള്ളത് ആ ജീവികൾക്ക് മറ്റു മാതാപിതാക്കളില്ല ജഡപദാർത്ഥങ്ങളും ചൈതന്യവും ചേരുമ്പോൾ പുതിയ ജീവികൾ സൃഷ്ടിക്കപ്പെടുന്നു ഇത് പ്രകൃതിയുടെ നിയമമാണ് इति ഗുണാ പ്രകൃതിസംഭവാഹോ നമോ വ്യയം മഹാബാഹുവായ അർജുന പ്രകൃതിയുടെ വകയായ സത്വരജസ്തമോ ഗുണങ്ങളാണ് അവിനാശിയായ ജീവാത്മാവിനെ ശരീരങ്ങളുടെ ഉള്ളിൽ തളച്ചിടുന്നത് അതെങ്ങിനെ തത്ര സത്വം നിർമ്മല പ്രകാശകമനാമയം സുഖസങ്കേനച പുണ്യവാനായ അർജുന ഇവയിൽ വികാരഹിതമായ സത്വഗുണം പരിശുദ്ധമാകയാൽ സുഖത്തിലും ജ്ഞാനത്തിലുമുള്ള ആസക്തി നിമിത്തം ആത്മാവിനെ ശരീരവുമായി ബന്ധിപ്പിക്കുന്നു സത്വഗുണം ഒരു ബന്ധനം തന്നെ സുഖവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് സുഖം പരമാത്മാവിൽ മാത്രം ജ്ഞാനം സാക്ഷാത്കാരത്തിന്റെ മറ്റൊരു പേരാണ് പരമാത്മ സാക്ഷാത്കാരം ലഭിക്കുന്നത് വരെ മാത്രമേ സത്വഗുണം ബന്ധനമായി തീരു രജോരാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസുദ്ഭവം തന്നിബധ്തികേയ ഹേ അർജുന ഉണരുകയും ജയിച്ചു കയറുകയും ചെയ്യുന്ന രാഗത്തിന്റെ സ്വരൂപമാണ് രജോഗുണം ഇതുണ്ടാകുന്നത് കാമനകളിൽ നിന്നും ആസക്തിയിൽ നിന്നുമാണ് രജോഗുണം ജീവാത്മാവിനെ കർമ്മത്തോടും കർമ്മഫലത്തോടും ബന്ധിപ്പിക്കുന്നു ഇത് ുള്ള പ്രേരണയും ഊർജവും നൽകുന്നു തമസ്വം ജാനജം വിദ്ധി മോഹനം പ്രമാദ്രാഭി തന്നിബധ്തിഭാരത് സമസ്ത ജീവരാശിയെയും മോഹാന്തമാക്കുന്ന തമോ ഗുണം അജ്ഞാനത്തിൽ നിന്നാണുണ്ടാകുന്നത് ഇത് ആത്മാവിനെ പ്രമാദം ആലസ്യം നിദ്ര എന്നിവയുമായി ബന്ധിപ്പിക്കുന്നു തമോഗുണമുള്ളവർ അധികം ഉറങ്ങുന്നുവെന്ന് മാത്രമല്ല അർത്ഥം ഗീതയിലെ യാനിഷർവഭൂധാനം രണ്ട് അറുപത്തൊമ്പത് എന്ന ശ്ലോകം ഇവിടെ സ്മരിക്കുക ോകം ഒരു രാത്രിയാണ് തമോഗുണി ഈ ഭൗതിക പ്രപഞ്ചമാകുന്ന രാവിൽ നിശ്ചിതനും നിശ്ചേഷ്ഠനും നിശ്ചേതനുമായി മായയിൽ മയങ്ങിക്കിടക്കുന്നു പ്രകാശം അയാളെ ഉദ്ബുദ്ധനാക്കുന്നില്ല ഇതാണ് തമോഗുണിയുടെ നിദ്ര അടുത്തതായി മൂന്ന് ഗുണങ്ങളുടെയും സാമൂഹിക സ്വരൂപത്തെപ്പറ്റി വിവരിക്കാൻ തുടങ്ങുന്നു സത്വം സുഖേ സഞ്ജയത്തി രജകർമ്മി ഭാരത് ജാനമാവൃത്യതുതമ പ്രമാദേ സഞ്ജയത്യുത്ത അർജുന സത്വഗുണം സുഖത്തിൽ നമ്മെ ആമജ്ഞതാക്കുന്നു ശാശ്വതമായ പരമസുഖത്തിലേക്ക് നമ്മെ നയിക്കുന്നു രജോ ഗുണം കർമ്മത്തിൽ നമ്മെ പ്രവർത്തിപ്പിക്കുന്നു എന്നാൽ തമോ ഗുണമാകട്ടെ ജ്ഞാനത്തെ മറച്ച് നമ്മെ പ്രമാദത്തിലേക്ക് അഥവാ അന്ധക്കരണത്തിന്റെ വ്യർത്ഥചേഷ്ടകളിലേക്ക് വലിച്ചിഴയ്ക്കുന്നു ഗുണങ്ങൾ ഒരേ സ്ഥാനത്ത് ഒരേ ഹൃദയത്തിൽ പ്രത്യേകം പ്രത്യേകം വിഭജിക്കപ്പെടുന്നതെങ്ങനെ െപ്പറ്റി ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നു രജസ്തമിഭൂ സാരത് രജ സമശ്ചൈവം രജസ് തഥേ അർജുന രജോ ഗുണത്തെയും തമോഗുണത്തെയും കീഴടക്കി സത്വഗുണം ചിലപ്പോൾ ഉയർന്നുവരുന്നു മറ്റു ചിലപ്പോൾ സത്വഗുണത്തെയും തമോഗുണത്തെയും കീഴടക്കി രജോഗുണം മുന്നിട്ടു നിൽക്കുന്നു അതുപോലെ വേറെ ചിലപ്പോൾ രജോഗുണത്തെയും സത്വഗുണത്തെയും കീഴിലാക്കി തമോ ഗുണം വളർന്നുവരുന്നു ഏത് സമയത്ത് ഏത് ഗുണമാണ് പ്രവർത്തനക്ഷമമാകുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കും സർവദ്വരേസ് പ്രകാശ ഉപജാത ജ്ഞാനം യാ തവൃദ്ധം സത്വമിത്യു ശരീരത്തിലും അന്തകരണത്തിലും എല്ലാ ഇന്ദ്രിയങ്ങളിലും ഈശ്വരീയമായ പ്രകാശവും ബോധശക്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്വഗുണം ഉയർന്നുവരുന്നുവെന്ന് മനസ്സിലാക്കാം അതുപോലെ ലോഭ പ്രവൃത്തിരാരംഭ കർമ്മിജായ ഷഭ ഹേ അർജു രജോഗുണം കൂടുമ്പോൾ ലോഭം പ്രവൃത്തിയിൽ ഉസാഹം കർമ്മത്തിന് തുനിറങ്ങൽ മനസിന്റെ ചാഞ്ചല്യം വിഷയഭോഗാസക്തി തുടങ്ങിയവ ഉണ്ടാകുന്നു ഇനി തമോ കൂടുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വിവരിക്കുന്നു വൃത്തിശ്മാദോമോഹ തമസേത വിവൃദ്ധേ കുരുനന്ദന അർജുന തമോ ഗുണം വളർന്നുവരുമ്പോൾ ഈശ്വരീയമായ പ്രകാശത്തെ അവഗണിക്കാനും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും അന്ധക്കരണത്തിൽ വ്യർത്ഥചേഷ്ടകൾ പ്രവഹിപ്പിക്കാനും സംസാരത്തിൽ നീന്തി തുടിക്കാനുമുള്ള വളർന്നുവരും ഈ ഗുണങ്ങളെപ്പറ്റി അറിയുന്നതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുക അമലാൻ പ്രതിപദ് സത്വഗുണത്തിന്റെ ഉച്ചാവസ്ഥയിൽ ഒരാൾ ജീവൻ വെടിയുകയാണെങ്കിൽ ഉത്തമകാര്യങ്ങൾ ചെയ്യുന്നവരുടെ പവിത്രമായ ദിവ്യലോകത്തിൽ ആ ഭാഗ്യവാൻ പ്രവേശിക്കും രജസി പ്രളയം രജോഗുണം കൂടുതലായുള്ളപ്പോൾ മരണം വരിക്കുന്നയാൾ കർമ്മങ്ങളിൽ ആസക്തിയുള്ള മനുഷ്യരുടെ ഇടയിൽ ജന്മം നേടും അതുപോലെ തമോ ഗുണം വർദ്ധിതമായിരിക്കുമ്പോൾ മരിക്കുന്നയാൾ മൂഢയോനികളിൽ ജനിക്കും കീടപതംഗാദികളാണ് മൂഢയോനികൾ അതിനാൽ സത്വഗുണമുണ്ടാവുകയാണുത്തമം പ്രകൃതിയുടെ ഈ ധനഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്ന സാത്വിക ഗുണം മരണശേഷവും നിങ്ങളെ സംരക്ഷിക്കും ഇതിന്റെ പരിണാമമെങ്ങനെ ം നിർമ്മലം ഫലംസ്തുഫലം ദുഃഖം തമസ ഫലം സാത്വിക കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് സാത്വികവും നിർമ്മലവുമായ സുഖവും ജ്ഞാനവും വൈരാഗ്യാധിയും ഫലം രാജസകർമ്മങ്ങളുടെ ഫലം ദുഃഖവും താമസകർമ്മങ്ങളുടെ ഫലം അജ്ഞാനവുമാണ് സത്വാ സംജാത ജ്ഞാനം രജസോ ലോഭേവ പ്രമാദമോഹ തമസോ ജ്ഞാനമേ സത്വഗുണം കൊണ്ട് ജ്ഞാനം അഥവാ ഈശ്വരീയമായ അനുഭൂതിയുണ്ടാകുന്നു രജോ ഗുണത്തിൽ നിന്ന് ലോഭവും തമോ ഗുണത്തിൽ നിന്ന് പ്രമാദം മോഹം ആലസ്യം അഥവാ അജ്ഞാനം എന്നിവയും ഉണ്ടാകുന്നു ഇവ കൊണ്ട് എന്ത് ഗതിയാണുണ്ടാവുക ൃത്തിസ്ഥ അധോ ഗ സത്വഗുണത്തിൽ വർത്തിക്കുന്നവർ ഊർദ്ധലോകത്തിൽ സകലതിനും ആദികാരണമായ പരമാത്മപദത്തിൽ എത്തിച്ചേരുന്നു രജോ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവർ ഇടത്തരം മനുഷ്യരായിത്തീരുന്നു അവർക്ക് വിവേക വൈരാഗ്യങ്ങൾ ഇല്ലെങ്കിലും അധമ ശ്രേണിയിലേക്ക് പോകുന്നില്ല എന്നാൽ തമോ ഗുണത്തിൽ കഴിയുന്നവർ കൃമികീടങ്ങളുടെയോ പശുപക്ഷികളുടെയോ അധമയോനികളിൽ ജനിക്കാനിടയാവുന്നു എന്നാൽ ഈ ഗുണങ്ങൾക്കപ്പുറം ചെല്ലുന്ന സാധകന്മാർ ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പരമാത്മപദത്തിൽ ചെന്നെത്തുന്നു നുണേഭ്യ കാനുപശ്യത്തി ഗുണേഭ്യ പരം വേത്തി ദ്രഷ്ടാവായ ആത്മാവ് ത്രിഗുണങ്ങൾക്കപ്പുറത്ത് മറ്റൊരു കർത്താവിനെ കാണാതെ ഗുണാതീതനായ പരമാത്മാവിനെ അറിയുമ്പോൾ എന്റെ സ്വരൂപത്തെ പ്രാപിക്കുന്നു സാധനകളിലൂടെയാണ് പുരുഷൻ ത്രിഗുണങ്ങൾക്കപ്പുറത്തെത്തുന്നത് ഇത് കൽപ്പിതകഥയല്ല ഇതിനെപ്പറ്റി വീണ്ടും പറയുന്നു ുണാനേതീത്യീൻദേഹസമുദ്ഭവാൻ ജന്മമൃത്യുജരാ ദുഃഖ വിമുക്തോ മൃതമശ്ണു പുരുഷൻ ഈ സ്ഥൂല ശരീരങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണമായ മൂന്ന് ഗുണങ്ങൾക്കും അതീതനായി ജന്മം മൃത്യു വാർദ്ധക്യം ജീവിത ദുരിതങ്ങൾ എന്നിവയിൽ നിന്ന് മുക്തനായി അമൃത തത്വത്തെ സ്വീകരിക്കുന്നു ഇതിനെപ്പറ്റി അർജുനൻ ഒരു സംശയമുന്നയിക്കുന്നു അർജുന ഉവാച്ച സ്ത്രീൻ ഗുണാനീത അതീതോ പ്രഭോം സ്ത്രീൻ ഗുണാന പ്രഭോ ത്രിഗുണങ്ങൾക്കതീതനായ പുരുഷന്റെ ലക്ഷണങ്ങൾ ഗുണാതീതർ എങ്ങനെയാണ് പെരുമാറുന്നത് മനുഷ്യർ എങ്ങനെയാണ് ത്രിഗുണങ്ങൾക്ക് അപ്പുറത്തെത്തുന്നത് ശ്രീ ഭഗവാൻ വാച പ്രകാശ പ്രവൃത്തി മോഹമേവച്ച പാണ്ഡവ അർജുനന്റെ മേൽ ചേർത്ത മൂന്ന് ചോദ്യങ്ങൾക്ക് യോഗേശ്വരൻ മറുപടി പറയുന്നു അർജുന സത്വഗുണത്തിന്റെ കാര്യരൂപമായ പരമാത്മജ്യോതിസ് രജോഗുണത്തിന്റെ കാര്യരൂപമായ പ്രാകൃതികർമ്മങ്ങൾ തമോ ഗുണത്തിന്റെ കാര്യരൂപമായ മോഹം എന്നിവയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി കുറ്റപ്പെടുത്താതെ തുടരുന്നു ഉദാസീനോ ഗുണൈര്യോനവിചാല്യ ഗുണാവർ യോവ തിഷ്ഠ ഉദാസീനരായി കഴിയുന്നവർ ഗുണങ്ങളാൽ ഇളക്കപ്പെടുന്നില്ല ഗുണങ്ങൾ ഗുണങ്ങളിൽ തന്നെ വർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കി ശാന്തരായി കഴിയുന്നവരാണ് ഗുണാതീതന്മാർ സമദുഖുഖ സമലോഷ്ടാശ്മ സ്വസ്ഥനായി ആത്മഭാവത്തിൽ സ്ഥിതി ചെയ്ത് സുഖദുഃഖങ്ങളെ സമമായി കരുതി മണ്ണിലും കല്ലിലും കനകത്തിലും ഒരേ മനോഭാവം പുലർത്തി ധീരനായി പ്രിയത്തെയും അപ്രിയത്തെയും നിന്ദയെയും സ്തുതിയെയും ഒരേ മട്ടിൽ നേരിട്ട് മിത്രപക്ഷയോ സർവറംഭപരിത്യാഗീ ഗുണാതീത മാനാപമാനങ്ങളെയും ശത്രുമിത്രങ്ങളെയും തുല്യരായി കരുതി എല്ലാ സാഹസിക സംരംഭങ്ങളും ഉപേക്ഷിച്ച് കഴിയുന്നയാൾ ഗുണാതീതനെന്ന് പറയപ്പെടുന്നു ഇരുപത്തിരണ്ടാം ശ്ലോകം മുതൽ ഇരുപത്തഞ്ചാം ശ്ലോകം വരെ ഗുണാതീതനായ പുരുഷന്റെ ലക്ഷണവും ആചരണവും വിവരിച്ചിരിക്കെയാണ് എപ്പോഴും സുസ്ഥിരമായി കഴിയുന്ന ആ പുരുഷനെ ഗുണങ്ങൾ കിളക്കാനാവില്ല തിനുശേഷം ഗുണങ്ങൾക്കതീതനാകുന്നതിനുള്ള നിയമങ്ങളെപ്പറ്റി വിവരിക്കാൻ ആരംഭിക്കുന്നു മാം ചയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവത്തെ ബ്രഹ്മൂയായ കൽപത്തെ അജഞ്ചലമായ ഭക്തിയോടെ ലൗകിക വിഷയങ്ങളെ അവഗണിച്ച് പരമാത്മാവിനെ മാത്രം സ്മരിച്ചുകൊണ്ട് നിയതകർമ്മരൂപത്തിലുള്ള യോഗസാധനകൾ അനുഷ്ഠിച്ച് എന്നെ നിരന്തരം ഭജിക്കുന്ന പുരുഷൻ ത്രിഗുണങ്ങളെ ഉല്ലംഘിച്ച് പരബ്രഹ്മവുമായി ഐക്യം പ്രാപിക്കുന്നു ആ ബ്രഹ്മൈക്യം കൽപ്പമെന്നറിയപ്പെടുന്നു അനന്യഭക്തിയോടെ നിയതകർമ്മങ്ങൾ ആചരിക്കാതെ ആർക്കും ഗുണങ്ങളെ അതിജീവിക്കാനാവില്ല ഒടുവിൽ യോഗേശ്വരൻ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു ണോ ഹി പ്രതിഷ്ഠാഹം അമൃത അർജുന ഗുണാതീതരായ സാധകരെ ഉൾക്കൊള്ളുന്നതും നാശരഹിതവും അമൃത തവും ശാശ്വതധർമ്മ സ്വരൂപവും അഖണ്ഡവും ഏകരസവും ആനന്ദമയവുമായ ബ്രഹ്മത്തിൽ പ്രവേശിക്കാൻ ഏകാശ്രയമാണ് പരമാത്മസ്ഥിതനായ സദ്ഗുരു എല്ലാ നന്മകൾക്കും ആശ്രയമാണെന്നർത്ഥം മേൽവിവരിച്ച തരത്തിൽ അവ്യയവും അവ്യക്തവുമായ ബ്രഹ്മവുമായി ഐക്യം പ്രാപിക്കണമെങ്കിൽ തത്വസ്ഥിതനായ ഒരു മഹാപുരുഷനെ ശരണം പ്രാപിക്കുകയാണ് സുഗമമായ മാർഗം നിഷ്കർഷം ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ യോഗേശ്വരൻ പറഞ്ഞു ജ്ഞാനങ്ങളിൽ അത്യുത്തമമായ ജ്ഞാനം നിനക്ക് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാൻ പോവുകയാണ് ഈ ജ്ഞാനമാണ് മുനിജനങ്ങളെ ഈശ്വരനിലെത്തിച്ചത് ഈ ജ്ഞാനം നേടിയവർ ഉപാസനയിലൂടെ ജീവിതാന്ത്യത്തിൽ എന്നോട് ചേരുന്നു അവർക്ക് പിന്നെ ജനനം ഉണ്ടാവുകയില്ല സ്വരൂപപ്രാപ്തി ഉണ്ടാകുന്നതോടെ ഭൗതിക ശരീരം വിടുന്നു അന്തരിക്കുമ്പോൾ അവർക്ക് ലേശം പോലും വ്യഥയുണ്ടാവുകയില്ല പ്രകൃതിയിൽ നിന്നുണ്ടായ സത്വരജസ്തമോ ഗുണങ്ങളാണ് ജീവാത്മാവിനെ ശരീരവുമായി ബന്ധിപ്പിക്കുന്നത് രണ്ട് ഗുണങ്ങളെ ജയിച്ച് മൂന്നാമത്തെ ഗുണം ശരീരത്തിൽ ആധിപത്യം സ്ഥാപിക്കുക സാധാരണമാണ് അപ്പോൾ അനാദിയായ പ്രകൃതി നഷ്ടമാകുന്നില്ല എന്നാൽ സാധകന്മാർക്ക് ഗുണങ്ങളെ അതിജീവിക്കാനാവും ഗുണങ്ങൾ മനസ്സിനെ സ്വാധീനിക്കുന്നു സത്വഗുണം വർദ്ധിക്കുമ്പോൾ ഈശ്വരീയമായ പ്രകാശവും ബോധശക്തിയും കൂടിക്കൊണ്ടിരിക്കും രാഗാത്മകമായ രജോഗുണം വർദ്ധിക്കുമ്പോൾ കർമ്മം ചെയ്യാനുള്ള ഉത്സാഹമുണ്ടാവുകയും ആസക്തി കൂടുകയും ചെയ്യും ഉള്ളിൽ തമോ നിറയുമ്പോൾ ആലസ്യവും പ്രമാദവും കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കും സത്വഗുണ സാധകൻ അന്തരിക്കുമ്പോൾ നിർമ്മലമായ ദിവ്യലോകങ്ങളിൽ ജനിക്കുന്നു എന്നാൽ രജോഗുണപൂർണനായ മനുഷ്യൻ മരണശേഷം മാനവയോനികളിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നു തമോ ഗുണം നിറഞ്ഞയാൾ മരിക്കുമ്പോൾ കൃമിക്കീടാതി നികൃഷ്ടയോനികളിൽ പിറക്കാനിടയാകുന്നു അതിനാൽ മനുഷ്യർ സമുന്നതമായ സത്വഗുണം കൂടുതലായുണ്ടാകാൻ ശ്രമിക്കേണ്ടതാണ് ചുരുക്കത്തിൽ എങ്ങനെ എവിടെ ജനിക്കുന്നുവെന്ന് തീരുമാനിക്കുന്നത് ഗുണങ്ങളാണ് ആത്മാവുമായി ശരീരങ്ങളെ ഉചിതമായ രീതിയിൽ അവ ബന്ധിപ്പിക്കുന്നു അതിനാൽ പരമപദം പ്രാപിക്കുന്നതിന് ഗുണങ്ങൾക്കപ്പുറത്തെത്തേണ്ടിയിരിക്കുന്നു എട്ട് വിധത്തിലുള്ളതാണ് അഷ്ടമൂല പ്രകൃതി മൂലപ്രകൃതിയിൽ ചൈതന്യമാകുന്ന ബീജം സമർപ്പിക്കുന്നത് താനാണെന്ന് ഭഗവാൻ പറയുന്നു ചരാചരാത്മകമായ ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് പിന്നിൽ മറ്റ് മാതാപിതാക്കളില്ല ഇക്കാര്യത്തിൽ മൂന്ന് സംശയങ്ങൾ അർജുനൻ ഉന്നയിച്ചു ഗുണാതീതനായ പുരുഷന്റെ ലക്ഷണമെന്ത് ആ പുരുഷന്റെ പെരുമാറ്റം എങ്ങനെ ഗുണങ്ങൾക്കതീതമാകാനുള്ള ഉപായങ്ങൾ ഏവാ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ശ്രീകൃഷ്ണൻ മറുപടി പറഞ്ഞു ഇളകാത്ത ഭക്തിയോടെ യോഗസാധനകൾ അനുഷ്ഠിച്ച് എന്നെ ഇടതടവില്ലാതെ ഭജിക്കുന്നയാൾ ക്രമേണ ഗുണാതീതനായിത്തീരുന്നു സംസാരവുമായി സംയോഗമോ വിയോഗമോ ഇല്ലാത്ത അവസ്ഥയാണ് യോഗം ഇതിനെ പ്രവൃത്തി പദ്ധതിയിൽ കൊണ്ടുവരുന്നതാണ് കർമ്മം അനന്യഭക്തിയോടെ നിരന്തരം നിയതകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന പുരുഷൻ ത്രിഗുണങ്ങൾക്കതീതനായി ്രഹ്മസാക്ഷാത്കാരം നേടുന്നു സാധനയ്ക്ക് വിഘാതമായ കർമ്മങ്ങൾ വിലയം പ്രാപിക്കുമ്പോഴേ ഭക്തന് ബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കാൻ സാധിക്കൂ ഇതാണ് വാസ്തവികമായ കൽപ്പം ഈശ്വര ഉപാസന നടത്താതെ ഗുണങ്ങളെ അതിജീവിക്കാൻ സാധ്യമല്ല ഗുണാതീതനായ പുരുഷൻ അന്തിമമായിട്ട് വിലയം പ്രാപിക്കുന്ന അമൃത തത്വവും ശാശ്വതധർമ്മവും അഖണ്ഡാനന്ദവുമായ ബ്രഹ്മത്തിന് ഒരേയൊരാധാരമായി ശ്രീകൃഷ്ണൻ തന്നെ വിശേഷിപ്പിച്ചു അപ്പോൾ അർജുനൻ ശിഷ്യസ്തേഹം ശാതിമാം ത്വാം പ്രപന്നം ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് ശരണാഗതനാണ് അങ്ങയുടെ കാൽക്കൽ അഭയം പ്രാപിച്ചവനാണ് എന്നെ രക്ഷിക്കൂ ഇടയ്ക്കിടെ ശ്രീകൃഷ്ണൻ തന്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മഹാപുരുഷന്മാരുടെ ജീവിതവുമായി തന്റെ ജീവിതത്തെ അദ്ദേഹം തുലനം ചെയ്തു അദ്ദേഹം മഹാത്മാവായ ഒരു യോഗിയും സദ്ഗുരുവുമാണെന്ന് അർജുനൻ മനസ്സിലാക്കി അഖണ്ഡവും ആനന്ദൈകരസവും ശാശ്വതധർമ്മവും അമൃതത്വവുമായ ബ്രഹ്മത്തെ നേടണമെങ്കിൽ അത് സദ്ഗുരുവിലൂടെ വേഗം നേടാനാവും പുസ്തകങ്ങൾ വായിച്ചു പഠിച്ചെന്ന് കരുതി ഈ ലക്ഷ്യം നേടണമെന്നില്ല ഒരു മഹാപുരുഷൻ ആത്മാവിനോടഭിന്നനായി ജീവിതരഥത്തിന്റെ സാരഥിയായി മുന്നോട്ട് നയിക്കുമ്പോൾ സാധകൻ ക്രമേണ ഈശ്വര സാക്ഷാത്കാരം എന്ന പരമലക്ഷ്യത്തിൽ ചെന്നു ഇവിടെ സദ്ഗുരുവായ മഹാപുരുഷൻ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഒരു മാധ്യമമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ശ്രീകൃഷ്ണൻ തന്നെ എല്ലാവർക്കും ആശ്രയവും ആധാരവുമായി കരുതി ഗുണങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വിശദമായി പ്രസ്താവിച്ച് പതിനാലാം അധ്യായത്തിന് സമുചിതമായ സമാപനം കുറിച്ചു ഓം തത്സതി ശ്രീമദ്ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യയാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാ ഗുണത്രയ വിഭാഗയോഗോ നാമ ചതുർദോധ്യായ ഓഹ്മ സത്യം ഇങ്ങനെ ഉപനിഷത്ത് സാരസർവസ്വവും ബ്രഹ്മവിദ്യാമയവും യോഗശാസ്ത്രവിഷയകവും ശ്രീകൃഷ്ണാർജുന സംവാദരൂപവുമായ ഭഗവത്ഗീതയിൽ ഗുണത്രയ വിഭാഗയോഗം എന്ന പതിനാലാമധ്യായം തീർന്നു ഇതിമത് പരമഹംസ പരമാനന്ദ ശിഷ്യ സ്വാമി അടഗടാനന്ദ്രീമദ്ഭഗവത്ഗീത യഥാർത്ഥഗീതാഷ്യേ ഗുണത്രയ വിഭാഗയോഗോ നാമ ചതുർദോധ്യായ ശ്രീമദ് പരമഹംസ പരമാനന്ദജി മഹാരാജിന്റെ ശിഷ്യനായ സ്വാമി അടഗടാനന്ദജി രചിച്ച യഥാർത്ഥഗീത എന്ന ശ്രീമദ് ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ ഗുണത്രയവിഭാഗയോഗം എന്ന പതിനാലാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഹരി തത്സ